കേൾപ്പിച്ച വചനം വായിച്ചു കേട്ടപ്പോള് ീതിമാൻ ആ നീതിമാന്മാർ കരയേണ്ട ആവശ്യമുണ്ട് അവർക്ക് സന്തോഷിച്ച് ജീവിച്ചപ്പോഴെ കഥാവിനോട് റൈറ്റ് ആറ്റിറ്റ്യൂഡ് സഹോദരങ്ങളോടുള്ള റൈറ്റ് ആറ്റിറ്റ്യൂഡ് അത് കീപ്പ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന സഹോദരി സ്വലം വേറെ അവർക്ക് അങ്ങനെ ദൈവത്തോടും ആ സഹോദരങ്ങളോടും ആറ്റിറ്റ്യൂഡ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കാത്ത ഒരു ഘട്ടം വരുമ്പോൾ അവര് കരയുവാൻ തീരും അങ്ങനെ കരയുന്നവന്റെ കരച്ചില് ദൈവം കേൾക്കും അതിൽ നിന്നും അവരെ ഒരുക്കും നാം കണ്ടു തൻ്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് കരയുന്നത് തൻ്റെ ജീവിത സഹായത്തിലേക്ക് കടന്നു വന്നപ്പോൾ അയ്യോ ഞാൻ അരിഷ്ടിക്കും എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നത് എന്താണ് അവന്റെ ജീവിതത്തിലെ ദൈവത്തോടും സമൂഹത്തോടും അവരുടെ ചുറ്റുപാടും സഹോദരങ്ങളോടും റൈറ്റ് ആറ്റിറ്റ്യൂഡ് കീപ്പ് അവന്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ കണ്ടപ്പോള് പാപങ്ങൾ കണ്ടപ്പോള് അവൻ ദൈവത്തോട് കരയുവാൻ ഇടയാക്കിടുന്നു പങ്കെടുക്കുവാനുമായിട്ട് ഒരുങ്ങി വന്നിരിക്കുമ്പോൾ നമ്മൾ കർത്താവ് പറയുന്നത് ഇത് തന്നെയാണ് ഇന്ന്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 അങ്ങനെ നിങ്ങളീ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോഴും അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോഴും അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു വ്യക്തമായിട്ട് പറയുന്നു നിങ്ങള് ഇതിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ പാരപാത്രം കുടിക്കുകയും യും ചെയ്യുമ്പോള് നിങ്ങൾ ഒരു കാര്യം പ്രസ്താവിക്കുന്നു നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവന്റെ മരണത്തിലേക്ക് റോബർട്ടിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ രണ്ടാമത്തെ റോമൻ സിക്സ് ടു പാപം സമുദ്രമായി മരിച്ചു വരെ അതിൽ ജീവിക്കുന്നത് അല്ല എന്റെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ ആകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ എന്തിനാണ് സ്നാനമേറ്റത് അവന്റെ മരണത്തിൽ പങ്കാളികളാകും ഇപ്പോൾ നിങ്ങളെയൊപ്പം വായിക്കുമ്പോൾ എന്താണ് എവിടെയാണ് എവിടെയൊക്കെയാണ് നാം ഈ മരിക്കേണ്ട അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് നാം നമ്മൾ വായിക്കുന്ന അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നാം പാപം സംബന്ധിച്ച് മരിക്കേണ്ടവരാണ് കർത്താവ് എന്തിനു വേണ്ടിയാണ് നമ്മളുടെ പാപം ചുമുണ്ട് നമുക്ക് ആർക്കും നീക്കി കളയുവാനായിട്ട് കഴിയാത്ത സാഹചര്യത്തില് നമ്മുടെ പാപത്തിൽ നിന്നും നമുക്ക് ആർക്കും ഒരു വിടുതലില്ലാത്ത സാഹചര്യത്തില് കർത്താവ് ചെയ്യേണ്ടവൻ പാപമില്ലാത്തവൻ എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപം ചുമുന്നുണ്ട് ആ പാപം സംബന്ധിച്ച് മരിച്ച് വീണ്ടും ജീവിക്കണം നീതിക്ക് ജീവിക്കേണ്ടവര് ഇവിടെയാണ് സാറേ ഒരു കരച്ചില് ഉണ്ടാകുന്നത് ഈ എനിക്ക് നീതിക്ക് റൈച് എനിക്ക് കടന്നു പോകാനായിട്ട് പറ്റുന്നില്ല പാപം ഇപ്പോഴും എന്നെ അടക്കി പരിക്കുന്നു ഞാനിപ്പോഴും അതിന് മരണപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു കരച്ചിലുണ്ടാവും ആ കരച്ചിൽ കത്താവ് കേൾക്കും കത്താവ് എന്നെയും മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടവരായിരിക്കും പ്രമാണത്തിന് നാം മരിക്കേണ്ടവരാണ് ന്യായ പ്രമാണത്തിന് നാം മരിക്കേണ്ടവർ നമുക്ക് അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകെ നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായ സംബന്ധമായി മരിച്ചിരിക്കുന്നു ന്യായ പ്രമാണത്തിന് ഒരിക്കൽ പോലും ഈ പാവത്തെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയില്ല അത് അക്സെപ്റ്റ് ചെയ്യയില്ലേ ഇവിടെ അതുകൊണ്ട് സഹോദരൻ പറയുന്ന നാം ഫലം കായ്ക്കുമാറി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണം മരിച്ചിരിക്കുന്നു ന്യായപ്രമാണത്തിന് ഒരിക്കലും മരിപ്പാനായിട്ട് സാധിക്കുകയില്ല പിന്നെ എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും നമുക്ക് മരിക്കാനായിട്ട് സാധിക്കും എങ്കിൽ മാത്രമേ ആ ന്യായ ഒരു വിടുന്നില്ല നമുക്ക് ലക്ഷ്യമാക്കുള്ളൂ അങ്ങനെ നാം ന്യായ പ്രമാണ സംബന്ധമായി മരിച്ചവരായിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന് മാറി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നാം ന്യായ പ്രമാണത്തിൽ മരിച്ചത് അല്ല നാം വേറൊരുവന് ആകേണ്ടതിന് അവ മരിച്ചിട്ട് ഉയർത്ത ക്രിസ്തു മരിച്ചിട്ട് വേറൊരുവനാകേണ്ടത് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്യായ പ്രമാണത്താല് മരിച്ചിരുന്നു നാം ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ദൈവത്തിനായി ജീവിക്കേണ്ടതിന് നാം ന്യായ സംബന്ധമായി മരിച്ചിരിക്കുന്നു വീണ്ടും ഒരു വേളയും കടന്നു വരുമ്പോൾ നാം ആദ്യമായി നിങ്ങൾ ക്രിസ്തുവനോടുകൂടി ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചവരാകുന്നു നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് ഇങ്ങനെ ഈ ഭരണത്തിലേക്ക് നമ്മെ കടത്തിക്കൊണ്ട് പോകുന്നത് നാം കത്താവിനോടുകൂടി നിത്യതീവിനാണ് നാം കർത്താവിനോടുകൂടി ഒരു ജീവനുള്ള ഒരു ആലയുമായി നമ്മെ പണിചരിക്കുന്നത് ആ കർത്താവിനോടുകൂടി ജീവിപ്പാൻ തന്നെയാണ് വീണ്ടും കടന്നു വരുമ്പോൾ അതിന്റെ ആറ ഭരണത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഇനി പാപത്തിന് അടിവപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു ഓർമ്മയ്ക്കായി ചെയ്യുന്നു പറഞ്ഞപ്പോള് എന്തിനാണ് വ്യക്തതയോട് പറയവാണ് നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന്റെ നീക്കം വരെയും നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ഘട്ടുവെന്ന് നാം അറിയുന്നു അങ്ങനെ മരിച്ചവർ അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുന്നു വിശ്വസിക്കുന്നു നമ്മുടെ വിശ്വാസത്തിന്റെ ഒരേറ്റുപാർച്ചയാണ് നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ യും ജീവിപ്പിച്ചിരിക്കുന്നത് മൂലം നാം ജീവനിലേക്ക് കടന്നു വന്നത് അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു ഇന്നും നാം ജീവനോടെ ആയിരിക്കുന്നുവെങ്കില് നമുക്ക് ഈ ജീവൻ തന്നിരിക്കുന്നുവെങ്കില് നാം നമുക്ക് വേണ്ടി തന്നെ ജീവിക്കാതെ നമ്മെ വീണ്ടെടുത്തവൻ ആ ദൈവത്തിന് വേണ്ടി ജീവിപ്പാത്തപ്പോഴും നമ്മെ അവിടുത്തെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കും അവിടെയാണ് സൗകര്യങ്ങളിൽ കരച്ചിലുണ്ടാകുന്നത് എനിക്കതിന് സാധ്യമാകുന്നില്ലല്ലോ എന്നെ വീണ്ടെടുത്തവൻ എനിക്ക് ജീവൻ തന്നവൻ അവന് ജീവിപ്പാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു ഉൾവിൽ കാണുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു നിലവിടെ ഉണ്ടാകുന്നുവെങ്കില് അത് കർത്താവ് കേൾക്കും അറുപദ്ധ്യായത്തിന്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനെടുത്തിൽ ആകെയാൽ പാപം നിങ്ങളുടെ മധ്യ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറിയാ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു നിങ്ങൾ നിങ്ങൾ ന്യായ പ്രമാണത്തിനല്ല കൃപക്കെത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ നമ്മയെ സംബന്ധിച്ചു ഇത് തന്നെയായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹവും അതിനു വേണ്ടിയിട്ടൊരു വെമ്പലോടെ നമ്മോടുന്നു എങ്കില് തീർച്ചയായിട്ടും കഥാവ് അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി ഇന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് നമ്മുടെ കരച്ചിൽ അതിനു വേണ്ടി തന്നെ ആയിരിക്കട്ടെ എന്റെ എന്റെ ജനത്തിലെ എന്റെ മോഹങ്ങൾ എന്റെ കണ്ണ് എന്റെ നാവ് ഇതൊക്കെയും എനിക്ക് അടക്കി കഴിയുന്നില്ല കർത്താവ് നീ എന്നെ ഒന്ന് നീ എന്നെ അതിനായിട്ട് എന്നുള്ള പ്രാർത്ഥനയോട് ആയിരിക്കുമ്പോൾ ഹൃദയത്തിനുള്ള കരച്ചില് കേൾക്കുകയും ഉത്തരവിറളുകയും ചെയ്യും മനസ്സിലേക്ക് കടന്നു പോകും നമ്മൾ ഒഴിവാക്കിയപ്പെട്ട് വായിച്ചു അങ്ങനെ നിങ്ങളീ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് വരുമ്പോഴും അവന്റെ ഭരണത്തെ പ്രസ്താവിക്കുന്നു കർത്താവ് വരുമ്പോൾ നമ്മ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയരുത് ഞാൻ ഒരുപോലെ എന്തുകൊണ്ടാണ് എന്തിനാണ് കഥാവ് വീണ്ടും വീണ്ടും ഇതും ഇത് ചെയ്യുവാനായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് കാരണം നമ്മുടെ ഈ ലോകത്തിന്റെ ഈ ഓട്ടത്തില് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പലതിനു വേണ്ടിയും കരയുവാനായിട്ട് ഇടയായി തീരും എന്റെ ഹൃദയത്തിലെ നോക്കിക്കൊണ്ട് നിന്റെ കരച്ചിൽ ചിലപ്പോൾ ലോകത്തിന്റെ മോഹങ്ങളിൽ ഈ കരച്ചിലെ ലോകമോഹങ്ങൾക്ക് വേണ്ടി ആയി തീരുവാനായിട്ട് ഇടയായി ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് കഥാവ് ആയിരുന്നു നിന്റെ കരച്ചിലു വേണ്ടി ഞാൻ കറത്തിരിക്കും കഥാവേ ആ കരച്ചിലും ഞാൻ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്താൽ കർത്താവായ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്ത്രോത്രം ചൊല്ലി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും പറഞ്ഞു അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴുക്കുകയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം തിരിക്കുകയും ചെയ്യുമ്പോഴുക്കുകയും പ്രസ്താവിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരുണ്ടാകും അതുകൊണ്ട് നീ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ട് അയോഗ്യമായിട്ട് നാം അമ്മയെ തന്നെ വിധിക്കുക അയ്യോ ഞാൻ യോഗ്യതയോടെ ആണോ കർത്താവെ എൻ്റെ സലേ ഒരു കാര്യം മാത്രം അയ്യോ നാം ആ വിടെയിരിക്കുന്ന ആരും യോഗ്യതയല്ല കർത്താവ് അമ്മയെ യോഗ്യാക്കുകയാണ് യോഗ്യരാക്കുകയാണ് കർത്താവിനസന്നിലേക്ക് നമ്മളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ സന്നിധിലേക്ക് കർത്താവസിലേക്ക് കടന്നുവരുവാനാണ് നമ്മൾ ഓരോരുത്തരെയും അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ അതായത് ഏറ്റുമുറത്ത് വേക്ഷിക്കാതെ നീ അതിനായിട്ട് കൈവയ്ക്കും ഹൃദയത്തിലെ നിലവിളി നിന്റെ സന്ധിയിലേക്ക് ഉയരട്ടെ അതിന് ഉത്തരം നീ അരളുക അതിനുശേഷം ഞാൻ ഈ സന്നിധിയിലേക്ക് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീരട്ടെ അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാരമാത്രം പിടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം തിന്നുകയും ചെയ്യുന്നു തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ശരീരത്തെ വിവേകാതിരുന്നാല് തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു അനേകം നിദ്ര കൊള്ളുന്നു നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല വിധിക്കപ്പെടുന്നു നാം ലോകത്തോടു കൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ കഴിക്കുകയാകുന്നു ഇതാർക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ആവശ്യമില്ല കാരണം വളരെ വ്യക്തമായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നാം നമ്മെ തന്നെ വിധിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നാം നോക്കിയിട്ടുണ്ട് കഥാസന്നിലേക്ക് കടന്നു വരുവാനായിട്ടാണ് നമ്മയെന്ന് വിളിച്ചിരിക്കുന്നത് ഈ പ്രഭാതത്തില് നമുക്കതിനായിട്ട് കഥാവ ഞാൻ യോഗ്യനല്ല കർ ഞാൻ യോഗ്യല്ല നല്ല അവിടുന്ന് കഥാവെയും ഞങ്ങളെ ഈ പ്രഭാതത്തിൽ ഞങ്ങളേറ്റവും അംഗ്വേശിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകള് ഞങ്ങളുടെ വിചാരങ്ങള് ഞങ്ങളുടെ നോട്ടങ്ങള് ഞങ്ങളുടെ വാക്കുകള് ഞങ്ങളെല്ലാ കർത്താവേയും നിന്റെ സിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന നീ ഞങ്ങൾ എല്ലാവരെയും കൈകി ശുദ്ധീകരിക്കണം